ശ്രീമുഖിസാം സുന്ദരം അധോവി ശശ്രമപൂർവേഷ ൈതമാത്രജ്യോതിഷബ്രതികാര്യദേശ്തമാശ്രു आचार्य नतरकदह मेधा ംപരയാറിച്ച് പൂർവാചാര്യന്മാരെന്താണ് പറഞ്ഞിരിക്കുന്നത് സർവാത്മാവായിരിക്കുന്ന സർവ വിശേഷരഹിതമായിരിക്കുന്ന ചിന്മാത്രജ്യോതിഷ ിത് സ്വരൂപമായിരിക്കുന്ന പ്രകാശം അതാണ് ബ്രഹ്മം എന്ന് ബോധിപ്പിക്കുന്ന വാക്യശ ഈ വാക്യങ്ങൾ ശ്രീവാക്യങ്ങൾ ഗുരു ഉപദേശം അത് ആചാര്യോപദേശ പരമ്പരയാ പ്രാപ്തം ആചാര്യോപദേശ പരമ്പരയിലൂടെയാണ് അത് ഗ്രഹിക്കേണ്ടത് ബ്രഹ്മചയവും ആചാര്യോപദേശ പരമ്പരയേവ അധികന്തവ്യും ആചാര്യ ഉപദേശ പരമ്പരയിലൂടെ വന്നേ അനുഗ്രഹിക്കേണ്ട എന്ന് പറയുമ്പോൾ മുഖ്യം അവിടെ ഉപദേശമാണ് തർക്കത ബാക്കിയെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ ശ്രവണം മനനം നിതിധ്യാസനം എന്നെല്ലാം നമ്മൾ പറയുകയുള്ളൂ അതിൽ പ്രധാനം ശ്രവണത്തിന് തന്നെയാണ് മനനം മനനവും ആ ശ്രവണത്തിൽ തന്നെ ഉൾപ്പെടുന്നു നിധ്യാസനവും ആ ശ്രവണത്തിൽ തന്നെ അതാണ് ഈ ഉപദേശ പരമ്പരയ്ക്കാണ് പ്രാധാന്യമെന്ന് പറയുന്നത് മുഖ്യം അതാണ് അതിന് കഴിയാതെ വരുമ്പോഴാണ് ഒരാൾ പ്രത്യേകിച്ച് മനണം പ്രത്യേകിച്ച് നിരധ്യാസനം എല്ലാം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ ഉപദേശത്തിൽ തന്നെ ഇതെല്ലാം ശിഷ്യന്റെ അഭ്യാസം എന്നതിലുപരി ഗുരുവിന്റെ ഉപദേശമാണ് ശിഷ്യന്റെ അഭ്യാസം പറയുമ്പോൾ അത് പറയുന്നുണ്ട് തർക്കത തർക്കം ഗുരുവെന്ന് ഉപദേശിക്കുന്നു ശിഷ്യൻ മറ്റൊന്ന് ചിന്തിക്കുന്നു ആ ശിഷ്യന്റെ ചിന്തയാണ് തർക്കമെന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഉപദേശത്ത് തന്നെ ഉണ്ട് മനണം അപ്പ ശിഷ്യൻ സ്വന്തമായി പിന്നെ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മുഖ്യം ആ ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്ന് തന്നെ ആ ഉപദേശത്തിലൂടെ തന്നെ ശ്രവണവും മനനവും നിത്യാസവും സംഭവിക്കും എന്തുകൊണ്ടങ്ങനെ പറയുന്നു ശിഷ്യൻ അതിനെല്ലാം വരുമ്പോടുകയാണെങ്കിൽ അവിടെ അഹംബോധം വരും ശ്രവിക്കണം മനനം ചെയ്യണം നിധിത്യാസനമെന്നെല്ലാം ശ്രുതി എന്ന് പറയുന്നു പക്ഷെ പറയുന്നതിന്റെ താല്പര്യതാണ് അത് ശിഷ്യന്റെ നിലയ്ക്കാകരുത് അതെല്ലാം ഗുരുവിന്റെ ഉപദേശ രൂപത്തിൽ തന്നെ സംഭവിക്കും അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പറയും ശ്രവണ മനണ നീര്യാസനങ്ങൾ ഏകകാലത്തിൽ സംഭവിക്കുന്നു അതെങ്ങനെ ഏകകാലത്തിൽ സംഭവിക്കും നമ്മൾ ശ്രവിക്കുന്നു പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ധ്യാനിക്കുന്നു അങ്ങനെയൊക്കെയല്ല സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ശരിക്കും ആ ശ്രവണത്തെ വിട്ടിട്ട് ഒരാൾ സ്വതന്ത്രമായി മനനം ചെയ്യുന്നു എന്നിരിക്കട്ടെ അപ്പം അതവൻ്റെ യുക്തിയും അവൻ്റെ അഹംബോധവും അവൻ്റെ മനസ്സിൻ്റെ ദോഷങ്ങളും എല്ലാത്തിനും സ്വാധീനിക്കും ഗുരു ഉപദേശിച്ച ഒന്നായിരിക്കും താൻ ഗ്രഹിക്കുന്ന മറ്റൊന്നായിരിക്കും ഉപനിഷത്ത് തന്നെ ഉദാഹരണങ്ങളും ഗുരു എന്ന് ഉപദേശിച്ചു അതിന് ദേവന്മാരും അസുരന്മാരും മനനം ചെയ്യും അസുരന്മാരിൽ അവരെ അവരുടെ നിലയ്ക്ക് മനനം ചെയ്യും അവർക്ക് പുതിയ അറിവുണ്ടായി ദേവന്മാര് ആ ഉപദേശത്തിനെ തന്നെ മനനം ചെയ്യുന്നു ഉപദേശത്തിൽ നിന്നുകൊണ്ട് സ്വന്തമായിട്ടൊന്നും അവർക്ക് മനനം ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശ്രുതി അനുസാരിയായ യുക്തി തർക്കം അതിന് സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് അവിടെ ശ്രവണത്തിൽ നിന്ന് വരട്ടെ ഉപദേശത്തിൽ നിന്ന് ഗ്രഹിച്ചതിൽ നിന്നും കൂടുതലായി അല്ലെങ്കിൽ കുറവായിട്ടൊന്നും മനനം ചെയ്യാനില്ല അതെല്ലാം ഉപദേശത്തിൽ തന്നെയുണ്ട് മനഃശക്തി അനുസാരി എന്ന് പറയുന്നു ശിഷ്യനോട് ഒരിക്കലും സ്വന്തം ബുദ്ധിബലത്തെ ആശ്രയിക്കുന്നില്ല സ്വന്തം ബുദ്ധിബലത്തെ ആശ്രയിക്കണ തർക്കം തർക്കമോ ഗുരുപദേശിച്ചതിൽ നിന്നും വേറിട്ട് ശിഷ്യന് സ്വന്തമായിട്ടൊന്നും കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം എന്ന് പറയാറുണ്ട് എന്റെ അറിവ് എന്റെ കാഴ്ചപ്പാട് സ്വന്തം വിവേകം അങ്ങനെ ഒന്നുമില്ല കൂടെ ആത്മവിദ്യ സംബന്ധിച്ചു അങ്ങനെക്കുള്ള പരമ്പരയാപ്രാപ്തം എന്ന് പറയേണ്ട കാര്യമാണ് സർവവും ആ ഉപദേശത്തിൽ നിന്നുകൊണ്ട് കാരണം ഉപദേശത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ട് ശ്രവണവും മനനവും ധ്യാനവുമെല്ലാം ആ ഉപദേശത്തിൽ തന്നെ ഒന്നിനെയും സ്വന്തമാക്കി ചെയ്യുന്നു ആ ഉപദേശത്തെ തന്നെ ശിഷ്യൻ സ്വീകരിക്കുന്നു അതിനെ തന്നെ കൈമാറുന്നു അതിൽ നിന്ന് സ്വന്തമായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ സ്വന്തമായി അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റാനോ ശിഷ്യന് അവകാശമില്ല അധികാരമില്ല അതുകൊണ്ടുതന്നെ പരമ്പരയാ പരമ്പരയായിട്ട് അത് മാറ്റം വരാതെ മാറ്റം വരുന്ന മറ്റു പല കാര്യങ്ങളും ആത്മവിദ്യയെ സംബന്ധിച്ചാണ് അതിൽ തൻ്റെതായിട്ടൊന്നുമില്ല എന്ന അതുകൊണ്ട് ആ ഉപദേശ ശ്രവണത്തിൽ തന്നെ മനനമുണ്ട് കാരണം ആ ഉപദേശം തന്നെ മനന്റെ രൂപത്തിലാണ് ആ ഉപദേശം തന്നെ നിധ്യാസന്റെ രൂപത്തിലാണ് അതെല്ലാം അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ഒരാൾ ശ്രവിക്കുന്നു ശബ്ദം നേറ്റു ശ്രവിക്കുന്നു ശ്രവിക്കാതിരിക്കുന്നു ശബ്ദം അപ്പൊ അയാൾ അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നു അവിടെയോ അവിടെയോ ആ ശ്രവണത്തിൽ നിന്നും വേറിട്ടല്ല ആ ശ്രവണത്തിന്റെ തന്നെ അനുസന്ധാനം അത് തന്നെ മനണം വ്യക്തമാകാത്ത കാര്യങ്ങൾ വ്യക്തമാകാതിരിക്കാമെന്ന് പറഞ്ഞാൽ ആ ശ്രോതാവിൻ്റെ ബുദ്ധിദോഷം കൊണ്ട് വ്യക്തമാകാത്ത കാര്യങ്ങൾ മനനത്തിൽ വ്യക്തമാകും പക്ഷേ ആ മനനത്തിന് വേണ്ടി അവൻ അവൻ്റെ ആ ശ്രവണത്തിൽ ലഭിച്ചതിൽ കൂടുതൽ ഒന്നിനി ആശ്രയിക്കുന്നു അത് കൂടുതൽ വ്യക്തമാകുമ്പോൾ അതിന് ശവണത്തിൽ ഒരുപക്ഷെ തത്വത്തെ ഗ്രഹിക്കുന്നു പക്ഷെ തത്വം തൻ്റേതായി തീരുന്നില്ല തത്വത്തെ ഒരുപക്ഷെ ഒരു വിഷയമായിട്ട് മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ അതിനെ ഗ്രഹിച്ചിരിക്കും മറ്റ് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു മറ്റ് ശാസ്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നു ആവശ്യമനുമ്പോൾ അതിനടുത്ത് ഉപയോഗിക്കുന്നു കുറേയൊക്കെ വീണ്ടും സ്മരിക്കുന്നു കുറെ വിസ്മരിക്കുന്നു ഇവിടെ അങ്ങനെ സ്മരണം വിസ്മരണം ഒന്നും സംഭവിക്കില്ല ഉള്ളിൽ സൂക്ഷിക്കാനോ പ്രത്യേകിച്ച് അടുത്ത് ഉപയോഗിക്കാനോ വരുന്നില്ല എന്നാലും ശ്രവണത്തിൽ ചിലപ്പോൾ ഇതൊരു വിഷയമായി ഗ്രഹിച്ചു ഒന്നുവരാം മനനത്തിൽ അത് കൂടുതൽ ആത്മനിഷ്ഠമാകും കണ്ണിവിടെ ഉപദേശിക്കുന്നത് മറ്റൊരു വിഷയത്തെയല്ല സ്വസ്വരൂപത്തെയാണ് ഗുരു ബോധിപ്പിക്കുന്നത് ശ്രവണത്തിൽ ആ സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നതും ഒരു വിഷയം പോലെ ഗ്രഹിച്ചെന്ന് വരാം എങ്ങനെ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ടും അത് ശരീരത്തിൽ നിന്ന് ഭിന്നമാണ് അത് നശിക്കാത്തതാണ് സത്യദാനന്ദമാണ് ഇത്തരത്തിൽ ഒരു വിഷയം പോലെ അതിനെ ഗ്രഹിച്ചൊന്നുവരാം മനനനിത്യാസങ്ങൾ കൊണ്ടെന്താ സംഭവിക്കുന്നത് അത് സ്വസ്വരൂപമായി ഗ്രഹിക്കുന്നു ബുദ്ധിയുടെ വിഷയമായി ഗ്രഹിച്ചതിന് ബുദ്ധിയുടെ സ്വരൂപമായി ഗ്രഹിക്കുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് ആ ബുദ്ധിയുടെ സ്വരൂപമായി ഗ്രഹിക്കുന്നതിനുള്ള വ്യക്തത ആ വ്യക്തതയെ മാത്രമാണ് മനനത്തിനും നിധ്യാസനത്തിനും വരുന്ന വ്യത്യാസം അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാനങ്ങൾ അതെല്ലാം ഗുരുവിന്റെ ഉപദേശത്തിൽ അല്ലെങ്കിൽ ആ ശ്രവണത്തിൽ തന്നെ ഉള്ളതാണ് അതിൻ്റെ കൂടുതൽ വെളിപ്പെടൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വ്യക്തത അതാണവിടെ സംഭവിക്കുന്നത് ആ വ്യക്തത അല്ലെങ്കിൽ വെളിപ്പെടലിൽ എങ്ങനെ സംഭവിക്കുന്നു അതിനുള്ള മറ മാറുന്നു എന്താണോ അതിന്റെ വ്യക്തതയ്ക്ക് തടസ്സമായിരുന്നത് അത് മാറുന്നു അത്രയുള്ളൂ ഇതെല്ലാം ഉപദേശത്തെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ശ്രവണമനന നീദ്യാസനങ്ങളെല്ലാം അതുകൊണ്ടാണ് പല ആചാര്യന്മാരും പറയുന്നത് ശ്രവണം കൊണ്ടാണ് ഗ്രഹിക്കേണ്ടത് ശ്രവണത്തിനാണ് പ്രാധാന്യം മനനത്തിനോ നീത്യാസനത്തിനോ അല്ല എന്ന് പറയുന്നത് അതുപദേശമായതുകൊണ്ട് അതാണ് പരമ്പര എന്ന് പറയുന്നത് പരമ്പരയേവ അധികം എന്ന തർക്കത അപ്പോൾ ഉപദേശം ശ്രമിക്കുകയും ആ ശ്രവണത്തിൽ തത്വം ഒരു വിഷയമായിരിക്കുകയും അത് സ്വസ്വരൂപമായി പ്രകാശിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ തത്വത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി അവൻ യുക്തികളെ ആശ്രയിക്കും സ്വകല്പിതമായ യുക്തികളെ അത് പലപ്പോഴും ശ്രവണത്തിനനുസരിച്ച് ആയിരിക്കണമെന്നില്ല തന്റെ ഊഹാപോഹങ്ങൾ അതിനൊരു തർക്കമെന്ന് പറയുന്നു അതുകൊണ്ട് ഇത് പ്രാപ്തമാകത്തില്ല പ്രവചനം കൊണ്ട് സാധ്യമാകത്തില്ല എന്താണ് വിഷയത്തെ ഗ്രഹിക്കുന്നതെന്ന് പോലും ശാസ്ത്രജ്ഞാനം പോലെ നിരവധി ശാസ്ത്രങ്ങൾ നമ്മൾ അധ്യയനം ചെയ്യും ഭൗതികമോ ആധ്യാത്മികവുമായിട്ടുള്ള നിരവധി ശാസ്ത്രങ്ങൾ ശാസ്ത്രത്തെ ഗ്രഹിക്കുന്നു ഗ്രഹിക്കുമ്പോൾ അവിടെ ബുദ്ധിക്ക് വികാസം സംഭവിക്കുന്നു എങ്ങനെ കൂടുതൽ അറിവ് ബുദ്ധിയിൽ സഞ്ചയിക്കുന്നു കൂടുതലറിവ് അങ്ങനെ സഞ്ചയിക്കുമ്പോൾ ആ അറിവിനെ പ്രകാശിപ്പിക്കണം അറിവിനെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് അഭിമാനവും അഭിമാനത്തിൽ ആനന്ദവും വരും അതാണ് പ്രവചനം എന്ന് പറയുന്നത് തൻ്റെ അറിവിനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിപ്പിക്കുക അതിൽ സ്വയം അഭിമാനം തോന്നുക അതിൽ സ്വയം ആനന്ദം തോന്നുന്നു പ്രവചനം ഇത് മറ്റ് ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് ഇതാകാം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മറ്റ് ശാസ്ത്രങ്ങളിലെല്ലാം വിഷയം വേറെയാണ് സ്വരൂപമല്ല സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ ആധ്യാത്മിക ശാസ്ത്രം ഇവിടെ പറയുന്ന അദ്വൈത ശാസ്ത്രം ബാക്കിയുള്ള എല്ലാ ശാസ്ത്രങ്ങളും നിരവധി വിഷയങ്ങളെ പ്രകാശിപ്പിക്കുകയുള്ളൂ അപ്പം അതിനുള്ള അറിവ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അഭിമാനമുണ്ടാകും ആ അറിവിനെ സ്വന്തം അറിവിനെ പ്രകടിപ്പിക്കുമ്പോൾ അതിൽ സന്തോഷം തോന്നും അത് ഈ ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ച് പാടില്ലായിരുന്നു അങ്ങനെ വരാൻ പാടില്ല ഇതിനെ സംബന്ധിച്ച് ധാരാളം അറിഞ്ഞു സമ്പാദിക്കുക അതെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അവതരിപ്പിക്കുക അതിൽ അഭിമാനിക്കുക അതുമാത്രമല്ല അതിൽ കൃതാർത്ഥനാകുക കൃതകൃത്യനാകുക ഞാൻ പഠിച്ചു അറിഞ്ഞു പഠിപ്പിച്ചു അങ്ങനെ അതിന് കൃതകൃത്യനാകുക ഇതിനാണ് പ്രവചനം എന്ന് പറയുന്നത് ആധ്യാത്മിക ദൃഷ്ടിയിൽ ഇത് നിഷ്പ്രയോജനമാണ് പ്രവചനം നിഷ്പ്രയോജനമാണ് പ്രവചനം ഒരിക്കലും ഒരു ഉപദേശമാകത്തില്ല ഗുരുപദേശമാകത്തില്ല എന്തുകൊണ്ട് പ്രവചനം നടത്തുന്നവന് സ്വരൂപം വെളിപ്പെടുന്നില്ല അവൻ പറയുന്നത് ആത്മാവിനെ കുറിച്ചാണ് ആത്മാവ് അവനെ സംബന്ധിച്ച് കേവലം അവന്റെ പ്രവചനത്തിന്റെ വിഷയമാണ് പ്രവചനത്തിന്റെ വിഷയമായിരിക്കുമ്പോൾ മറ്റേത് ശാസ്ത്ര വിഷയത്തെയും പോലെ അതും നിഷ്പ്രയോജനമാണ് അവചനവും രക്ഷിക്കത്തില്ല പ്രയോജനമില്ല ഗുരുവിന്റെ ഉപദേശം പ്രവചനമല്ല അത് സ്വസ്വരൂപ പ്രകാശം അതിനൊരു സഹജഭാവമുണ്ട് കൃത്രിമത്വമല്ല പ്രവചനം അങ്ങനെയല്ല പഠിക്കുന്നു പഠിപ്പിക്കുന്നു അതാണ് പ്രവചനം അതിന് സഹജഭാവമല്ല ഉപദേശത്തിൽ അങ്ങനെയല്ല സഹജമാണ് കാരണം അത് പരമ്പരയ എങ്ങനെയാണോ പ്രാപ്തമായത് അതുപോലെ നിർഗമിക്കുന്നു രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ജലം പലതരത്തിൽ നമുക്ക് ഉപലഭ്യമാകുന്നുണ്ട് അത് ഉപദേശമെന്ന് പറയുന്നത് പോലെയാണ് ഒരു ഉറവ ഭൂമിയിൽ നിന്നത് പ്രവഹിക്കുന്നത് പോലെയാണ് അത് സഹജമായി സംഭവിക്കുന്നതാണ് അവിടെയും നമുക്ക് ജലം കിട്ടും അസയം നമ്മൾ ജലം ഒരു കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്നു അത് പ്രവചനമാണ് രണ്ടും രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് രണ്ടിടത്തും ജലം ലഭ്യമാണ് ഒന്നിൻ്റെ നൈസർഗികത സ്വാഭാവികത സഹജഭാവം അത് പ്രവചനത്തിൽ വരത്തില്ല അത് ഉപദേശത്തിലേ ഉള്ളൂ അതുകൊണ്ട് പറയുന്നു പ്രവചനം അപ്പോൾ പ്രവചനത്തിന് വേണ്ടി ഇത് ്രഹിക്കരുത് എന്നാണ് പറയുന്നതിൻ്റെ ഉദ്ദേശം അതിനുവേണ്ടിയായിരിക്കരുത് എന്നത് പഠിച്ച് ബുദ്ധിയിൽ ഗ്രഹിച്ച് പഠിപ്പിക്കുക അതിനുവേണ്ടിയായിരിക്കരുത് അതുപോലെ മേധ മേധാവൊന്നെ സാധ്യമല്ല എല്ലാ ശ്രുതിയും സ്വന്തം മേധയിൽ ഗ്രഹിക്കുക ചതുർവേദത്തെയും അറിയുന്ന വിദ്വാൻമാർ കാണും സർവർ മേധയിൽ ഗ്രഹിച്ചിരിക്കുന്നു അതിൻ്റെ നാനാ വ്യാഖ്യാനങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു അതാണ് മേധ്രഹിക്കാനും ിച്ചാൽ മാത്രം പോരാ അതിനെ സ്മരിക്കാനുള്ള പരിപാടി രണ്ടുമുണ്ട് ശ്രോതാവിനെ അത്ഭുതപ്പെടുത്തുന്ന ഓർമ്മ ശക്തി വിപുലമായിരിക്കുന്ന ശ്രുതി ഏതു ഭാഗവും സ്മരിച്ച് പ്രകടിപ്പിച്ച് കേൾക്കുന്നവനെ അത്ഭുതപരം അതാണ് മേധയുടെ വിശേഷത മേധയിലെന്താ സംഭവിക്കുന്നത് സ്വന്തം സ്മരണയെ ആശ്രയിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത് ഗ്രഹിക്കുന്നു പിന്നീട് അതിനെ സ്മരിക്കുന്നു അത് സഹജമല്ല അത് ആത്മവിദ്യയുടെ പ്രകാശനമല്ല നമ്മൾ അതിനെ ഗ്രഹിക്കുക പിന്നെ സ്മരിക്കുക പറയും അതല്ല മേധ അല്ലെങ്കിൽ ഗ്രഹണശക്തി അല്ലെങ്കിൽ സ്മരണശക്തി ദോഷമുള്ളതെന്നല്ല പറയുന്നു അത് സഹജമാകാത്തോളം കാലം അതിന് പ്രയോജനമില്ല എന്നാ പറയുന്നു ഭാഷകാരൻ തന്നെ ശ്രതിസ്മൃതികളെയെല്ലാം സ്മരിക്കുന്നു അത് തന്റെ സഹജഭാവത്തെ ഹനിക്കുന്ന വിദ്വാൻമാരുടെ മുമ്പിൽ പ്രമാണമായി അതിനെ പ്രദർശിപ്പിക്കാൻ അതല്ല ഇത് ഇതിനെ ഗ്രഹിക്കണം എന്നുള്ള വാശിയോടുകൂടി ഇതിനെ ഗ്രഹിക്കുന്നു ഇതിനെ പ്രകടിപ്പിക്കണം എന്നുള്ള വാശിയോടുകൂടി ഇതിനെ സ്മരിക്കുന്നു മേധയുടെ ആ പ്രവർത്തനം അത് തീച്ച് യാന്ത്രികമാണ് ഒരു യന്ത്രം ചെയ്യുന്നത് പോലെ ഉള്ളു ഇതെല്ലാം നമുക്കൊരു യന്ത്രത്തിലും പ്രവേശിപ്പിക്കേ ഉള്ളു അതിൽ നിന്നും ഇതിനെയൊക്കെ പ്രകടമാക്കാം അതുപോലെയുള്ളു ശരിക്കും മേധം ഒരു യന്ത്രം തന്നെയാണ് ജൈവയന്ത്രം അതിനുപയോഗിക്കുന്നതുകൊണ്ട് അത് ആത്മമോക്ഷത്തിന് കാരണമാകത്തില്ല അത് ആത്മപ്രകാശമല്ല അത് സഹജമായി സംഭവിക്കണം ബഹുശ്രതം മാനാശാസ്ത്രങ്ങളുടെ അറിവ് അതെല്ലാം മറ്റ് ശ്രോതാക്കൾക്ക് വിലമതിക്കാൻ കൊള്ളാം ശ്രോതാക്കളുടെ അംഗീകാരം ഉണ്ടാവും എന്താണോ അയാൾക്ക് നാനാശാസ്ത്രങ്ങളും അറിവുണ്ട് ബഹുമാനത്തിനത് ഉപകരിക്കും സർവദർശനങ്ങളും അറിഞ്ഞിരിക്കുന്നവൻ ഇത്തരത്തിൽ അംഗീകാരത്തിന് ഉപകരിക്കും വിദ്വാൻമാരുടെ ഇടയിൽ ബഹുശ്രുതം അതിന്റെ പ്രയോജനം അതിൽ നിന്നും ലഭിക്കേണ്ടത് ലഭിച്ചില്ലെങ്കിൽ വിദ്യ പ്രകാശിച്ചില്ലെങ്കിൽ സ്വയം അതുകൊണ്ടും കാര്യമൊന്നുമില്ല തപസ് അതുമില്ല ചിലർക്ക് ജീവിതം മുഴുവൻ തപസ്സനുഷ്ഠിച്ചേ തീരും ത്യാഗം തപസ് ക്ലേശങ്ങൾ ക്ലിഷ്ടതകൾ സ്വയം സ്വീകരിക്കുക അതാണ് തപസ് സ്വയം തപിക്കുക സ്വയം കഷ്ടപ്പെടുക ശാരീരികമായും മാനസികമായും ചിലർക്കതൊരു സുഖമാണ് വേദന സുഖമാണ് സ്വയം വേദനിപ്പിച്ചാൽ സുഖം കൂടും അതൊന്നും ഇവിടെ പ്രയോജനം ചെയ്യത്തില്ല തപസ്സിന് അതിൻ്റെതായ പ്രയോജനമുണ്ട് അതൊന്നും ആത്മപ്രകാശമല്ല എന്നാണ് പറയുന്നത് തപസ് വേണ്ടെന്നല്ല ഈ പറയുന്ന ഒന്നിനെയും അതാതിന്റെ തലങ്ങളിൽ നിഷേധിക്കുന്നില്ല ഇവിടെ പറയുന്ന ഈ പരമ്പരയാപ്രാപ്തമായ വിദ്യയെ സംബന്ധിച്ച് ഇതിൻ്റെ കുന്ന എന്താണ് എന്നാണ് പറയുന്നത് ഇപ്പം ജീവിതകാലം മുഴുവൻ തപസ് ചെയ്താൽ തപസ്സിന് പ്രയോജനം ഉണ്ടാകും അതുകൊണ്ട് ആത്മപ്രകാശം സംഭവിക്കത്തില്ല പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിക്കും അതിനൊക്കെ ഉപകരിക്കും തപസ്സുകൊണ്ട് എന്തെങ്കിലും സദ്യവിശേഷങ്ങളുണ്ടാകാം സ്വരൂപപ്രകാശനും സംഭവിക്കത്തില്ല അതാണ് തപസ് അതുപോലെ യജ്ഞങ്ങൾ മറ്റു പലതരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു യജ്ഞങ്ങളെന്ന് പറയുമ്പോൾ വൈദികമായ യജ്ഞങ്ങൾ മാത്രമല്ല ശ്രവതവും സ്മാർത്ഥവുമായ ഇഷ്ടാപൂർത്ത കർമ്മങ്ങളല്ല ഇതൊന്നും തന്നെ ആത്മപ്രകാശന പരമ്പരയായി ഈ വിദ്യ കരഗതമാകുന്നതിന് ഇതൊന്നും ഉപകരിക്കത്തില്ല ഇതെല്ലാം നിത്യേകം ശിശ്രുമ ശ്രുതവന്ത വയം പൂർവേഷാം ആചാര്യണം വചനം ഇവിടെ ശ്രുതി തന്നെ അനാദിയാണെന്നാണ് പറയുന്നു അപ്പൊ അനാദിയായിരിക്കുന്ന ഈ പറയുന്നു ഇതനാദിയായ ഉപദേശമാണ് അതിനോട് തുടക്കമില്ല അതിനെ പറഞ്ഞ് ഈ കല്പത്തിന്റെ ആദിയിൽ ഞാൻ സൂര്യൻ ഉപദേശിച്ചു എന്ന് ഞാൻ പറയുന്നു അനന്ത കല്പങ്ങളിൽ ഇത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ആചാര്യന്മാർ ഇതിൻ്റെ രഹസ്യം മുമ്പ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ആർക്കും പുതുതായിട്ട് ഇതിനെ സംബന്ധിച്ച് ആത്മവിദ്യ സംബന്ധിച്ച് പുതുതായിട്ടൊന്നും പറയാനില്ല പുതിയൊരറിവ് സ്വന്തമായൊരറിവ് ആരും ഉപദേശിക്കുന്നു നമുക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും പുതുമയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഇത്രയുള്ള താല്പര്യം എന്താണോ നമ്മൾ കേട്ടതിൽ മുമ്പ് കേട്ടതിൽ കൂടുതൽ വ്യക്തത വരുന്നു അത്രയും അതിൽ കവിഞ്ഞതിനൊരു പുതുമില്ല എന്തുകൊണ്ട് ഇത് അനാദിയായ ഉപദേശമാണ് പരമ്പരാപ്രാപ്തമാണ് ആചാര്യ അസ്മഭ്യം തദ്ജകക്ഷരേ വ്യാഖ്യാത മന്ധ വിസ്പം കഥത മന്ധം അതാണ് ഞാൻ മുമ്പ് പറഞ്ഞു വിസ്പഷ്ടമായ കഥനം അതാ സംഭവിക്കുന്നത് ഇന്ന് സംഭവിക്കുന്നത് ഇന്ന് വരെ സംഭവിച്ചതിന്റെ പൂർണതയാണ് അതാണ് സ്പഷ്ടത എന്ന് പറയുന്നത് അതാണ് അതിന്റെ പൊതുമ എന്ന് പറയുന്നത് അല്ലാതെ പുതിയൊരു വിദ്യ നമ്മൾ ഒരിടത്തു ഗ്രഹിക്കുന്നില്ല ആത്മവിദ്യ സംബന്ധിച്ച് പ്രപഞ്ചത്തിന്റെ നാനാത്വത്തെക്കുറിച്ച് നമുക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകാം ഇന്നലെ അറിയാത്തതെന്നറിയാം ഇതങ്ങനെയല്ല ഈ ഉപദേശത്തിൽ അറിവിന്റെ വ്യക്തത എന്നാൽ അറിവിന്റെ പൂർണ്ണത അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതാണ് വിസ്പഷ്ടം കരുതുകൊണ്ടു മുമ്പത് അസ്പഷ്ടമായിരുന്നു ഇന്നത് ഇതാണ് വ്യത്യാസം ഈ കാര്യങ്ങളെല്ലാം ആത്മനിഷ്ഠമായി വ്യാജദക്ഷിടെ വ്യാഖ്യാതവന്ത വ്യാഖ്യാനിച്ചു തന്നു വിശദീകരിച്ചു തന്നു നടത്തി തത്വം സൂക്ഷ്മമായതുകൊണ്ടും ഗഹനമായതുകൊണ്ടും വ്യാഖ്യാനം ആവശ്യമാണ് വ്യാഖ്യാതമെന്താന്ന് പറയുന്നു തത്വമസിയ ഒരു ഉപദേശം അത് ശ്രോതാവിന് പര്യാപ്തമല്ല എന്ന് വരുമ്പോൾ എന്നുവെച്ചാൽ അയാൾക്ക് അയാളുടെ ആത്മബോധത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അത് ഉപകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഗുരു അതിനെ വ്യാഖ്യാനിക്കേണ്ടതാകുന്നു പല ശൈലിയിൽ പല പ്രക്രിയകളിൽ അതിനായി വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു വാസ്തവത്തിൽ അത് അത് മാത്രമേ ഉള്ളൂ ഓം എന്നോ തത്തുമസിന്നോ എന്നാണുള്ള അത് മാത്രമേ ഉള്ളു പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നു പരമ്പരയായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളാണ് ഭാഷകാരൻ ഈ അല്പമന്ത്രങ്ങളെ വളരെ വിസ്തൃതമായി വ്യാഖ്യാനിച്ച് ആ ഭാഷയത്തെ പിന്നീട് വരുന്ന ആചാര്യന്മാർ കൂടുതൽ വിസ്തൃതമായി വ്യാഖ്യാനിക്കുന്നു ശ്രോതാക്കളുടെ ബുദ്ധി അതിനപേക്ഷിക്കുന്നു ആ വ്യാഖ്യാനത്തെ അപേക്ഷിക്കുന്നു അതുകൊണ്ട് പരമ്പരയായി ഇതിനെ വ്യാഖ്യാനിച്ച് വിപുലപ്പെടുത്തിക്കൊണ്ടു ചിലർക്ക് അത്തരം വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലായിരിക്കാം പക്ഷെ അത്തരം വ്യാഖ്യാനങ്ങൾ ആവശ്യമുള്ളവരുണ്ട് എല്ലാവരെയും കണക്കിലും എടുത്തുകൊണ്ടാണ് ഈ ഉപദേശം ഇത്ര പരന്നു പോകുന്നു അതുകൊണ്ടാണ് പറയുന്നത് വ്യാഖ്യാതമ നിസ്പഷ്ടം കരുതുമെന്ന് വ്യാഖ്യാനം എന്ന് പറയുന്നത് അതാണ് ആ ശ്രവണത്തെ വിപുലമാക്കുക ആചാര്യന്റെ പക്ഷത്തോ ശ്രോതാവിന്റെ പക്ഷത്തോ ആഗ്രഹണത്തെ പൂർണ്ണമാക്കുക ഇതാണ് സംഭവിക്കുന്നത് അപ്പോ ഇവിടെ ഗുരു ഈ പരമ്പരയാപ്രാപ്തമായി വരുന്നു എന്ന് പറയുന്നു ഗുരുപദേശിക്കുന്നു ശ്രോതാവ് ശ്രവിക്കുന്നു എന്ന് പറയുമ്പോ അവിടെ ശ്രവണം ശ്രോതാവിന് മാത്രമല്ല സംഭവമാണ് ശ്രവണം ഗുരുവിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഗുരുവിന് ശ്രവണ സംഭവിച്ചാലേ ശ്രോതാവിന് ശ്രവണ സംഭവിക്കത്തുള്ളു സാറിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസാന്നിധ്യമില്ലാതെ ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് അവ്യക്തമായി അനുഭവപ്പെടും സാധാരണ ലൗകികമായ കാര്യങ്ങൾ അതുപോലെ ശ്രോതാവിനും ആ ശ്രവണം വ്യക്തമാകണമെങ്കിൽ ആ ശ്രവണം ആ വക്താവിനും സ്പഷ്ടമാണ് വ്യക്തമായിരിക്കും ഇപ്പൊ ഉപദേശിക്കുമ്പോൾ എങ്ങനെ ശ്രവണം സംഭവിക്കുമെന്ന് ചോദിക്കും അതുകൊണ്ടാണിത് പരമ്പര എന്ന് പറയുന്നത് ഉപദേശം എന്ന് പറയുന്നത് അതൊരു അതൊരു ശ്രവണത്തെ പിന്തുടർന്നു വരികയാണ് ഉപദേശത്തെ ശിഷ്യം കാണുന്നത് എന്താണോ തന്നോടുള്ള ഉപദേശമായിട്ടാണ് ആ സമയം ഉപദേശിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം തന്നെ സംബന്ധിച്ചത് ശ്രവണവും തനിക്ക് മുമ്പിൽ നിന്നൊരു ഉപദേശമാണ് അപ്പോൾ ഗുരു ഉപദേശിക്കുന്നു എന്ന് പറയുന്നത് ഗുരുവിന്റെ ശ്രവണമാണ് ശിഷ്യൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ശിഷ്യന്റെ ശ്രവണം ശിഷ്യൻ മനനം ചെയ്യുന്നു അത് ഗുരുവിന്റെ മനനമാണ് ഗുരുവിനെ സംബന്ധിച്ച് മനനമാണ് ശിഷ്യൻ ധ്യാനിക്കുന്നു ഗുരുവിനെ സംബന്ധിച്ച് ധ്യാനമാണ് ഉപദേശത്തിലും ശ്രവണ മനന നിധ്യാസനങ്ങൾ സംഭവിച്ചാൽ ആ പരമ്പര അവിഛിന്നമായി ഇരിക്കും ഇത് പൂർവ്വാചാര്യന്മാരിലും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വർത്തമാനാചാര്യനിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ശ്രവണമനന ഇതിഹാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സംഭവിച്ചാലേ ശിഷ്യനിലും അത് സംഭവിക്കത്തുള്ളു ശ്രവണമനന ഇതിഹാസങ്ങൾ അതങ്ങനെ അല്ല എങ്കിൽ എന്ത് വരും പ്രവചനമായി അത് പ്രവചനമാണ് നമ്മൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഗുരുവിന് സംഭവിക്കുന്നു ആണ് പറയുന്നത് വിസ്പഷ്ടം കഥിതമെന്താ വ്യാഖ്യാനം എന്ന് പറയുന്നത് അതാണ് അസ്പഷ്ടത എവിടെ വരേണ്ടത് ശിഷ്യന്റെ ശ്രവണത്തിലല്ല ഗുരുവിന്റെ ശ്രവണത്തിലാണ് ഗുരുവിന്റെ ശ്രവണത്തിൽ സ്പഷ്ടത വന്നാൽ ശിഷ്യന്റെ ശ്രവണത്തിൽ ആ സ്പഷ്ടതയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് സാധ്യത എന്നുകൊണ്ട് പറയുന്നു ആ ശിഷ്യൻ്റെ വ്യക്തത അത് അയാളുടെ യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ യോഗ്യത അത് അപേക്ഷിക്കുന്നുണ്ട് ആ പരമ്പരാന്ന് പറയുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കേണ്ടത് ഗുരുവിൽ ശ്രവണ രൂപത്തിൽ വരുന്നത് ശിഷ്യനും ശ്രവണരൂപത്തിൽ വരും അത് അങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് പോകും ഗുരുപരമ്പരയിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ ഗുരുപരമ്പരയെ സ്മരിക്കുന്നപ്പോൾ ഗുരുവിൽ മനന രൂപത്തിൽ വരുന്നതും ശിഷ്യനും അപ്രകാരം വരും ശിഷ്യനും അതിനുള്ള യോഗ്യതയില്ലെങ്കിൽ അത് സംഭവിച്ചില്ലായെന്ന് വരും പക്ഷെ ഗുരുവിൽ അത് സംഭവിക്കുന്നു ആ പരമ്പരയിൽ അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇതിന് അവിഛിന്നമായ പരമ്പര എന്ന് പറയുന്നത് ഇത് അനാദി അനന്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപദേശ പാരമ്പര്യം ഉപദേശ പാരസ്പര്യം എന്നെല്ലാം പറയുന്നതാണ് ഒരിടത്തും ഒന്നും മറ്റിടത്തും മറ്റൊന്നും അല്ല സംഭവിക്കുന്നു ഗുരുവിലൊന്നും ശിഷ്യന് പേരൊന്നും അങ്ങനെയല്ല സംഭവിക്കുന്നു ഒരു നദിയുടെ പ്രവാഹം അത് ഏത് ഭാഗത്തായാലും അത് പ്രവാഹം തന്നെ പ്രവാഹം എന്നുള്ളടത്ത് വ്യത്യാസമൊന്നുമില്ല ചിലടത്തത് തീവ്രമാകും ചിലയിടത്തത് മന്ദമാവും ഇത്രയേ ഉള്ളൂ പ്രവാഹം എന്ന സ്വഭാവത്തിൻ്റെ അടുത്ത് മാത്രമാണ് അത് യോഗ്യതയുടെ പൂർത്തീകരണം ഇല്ലെങ്കിൽ അവിടെ അത് മന്ദമാകും യോഗ്യതയ്ക്കനുസരിച്ച് അത് തീവ്രമാകും അത് പൂർണ്ണരൂപത്തിൽ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് വക്താവ് അങ്ങനെ പറഞ്ഞത് ആചാര്യ ആചാര്യത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആചാര്യന് അത് സ്പഷ്ടമാണ് വിസ്പഷ്ടം കഥിതബന്ധ എന്ന് ശിഷ്യൻ പറയണമെങ്കിൽ എന്ത് വേണം എന്നോടത് സ്പഷ്ടമായി പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ശിഷ്യനത് സ്പഷ്ടമായി ബോധ്യപ്പെടും അങ്ങനെ ബോധ്യപ്പെട്ട ശിഷ്യനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വന്നിതം ഇർ അതാണ് മന്ത്രത്തിന്റെ താല്പര്യം ശുശ്രമപൂർവേഷ്യജദക്ഷിരേ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇതിന്റെ പദഭാഷയുമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇതിന്റെ വാക്യഭാഷയും വളരെ പ്രധാനപ്പെട്ടാണ് കുറച്ചുകൂടി മറ്റൊരു ശൈലിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഇതുവരെ നമ്മൾ പദ ചർച്ച ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇതിന്റെ വാക്യഭാഷ്യം അത് കുറച്ച് വിസ്തൃതമാണ് അതിന് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ വാക്യഭാഷ്യമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന അടുത്ത പേജിലായിട്ടാണ് വാക്യഭാഷ്യം സർവതാപി ബ്രഹ്മ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ തത്വം ഏത് തരത്തിലായാലും തനിക്ക് വ്യക്തമായി പറ്റും ഇതിനെ കുറിച്ച് പരസ്പര വൈരുദ്ധ്യമായിട്ടൊക്കെ പറയുന്നു ഓരോ തരത്തിൽ പറയുന്നു ിക്കാവുന്നതാണ് വേറെ തരത്തിൽ പറയും ഇത് ഗ്രഹിക്കാൻ കഴിയാത്തതാണ് ഇങ്ങനെയെല്ലാം പരസ്പര വിരുദ്ധമായി പറയുമ്പോൾ ഈ പറയുന്നതിനെല്ലാം ഒരു താല്പര്യമുണ്ട് പരമമായ താല്പര്യം ഇത് ആത്യന്തികമായി ഇത് വ്യർത്ഥമല്ല എന്ന ശേഷിയാണ് ബോധ്യബോധിക്കും പിന്നെ എന്താണ് വ്യർത്ഥമാകുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള തൻ്റെ പല ധാരണകളും അത് വ്യർത്ഥമാണ് പലതും തനിക്ക് തിരുത്തേണ്ടി വരും ഇന്നുവരെയുള്ള ധാരണകൾ പലപ്പോഴും തിരുത്തേണ്ടി വരും ഏതായാലും ശരി സർവധാപി ബ്രഹ്മബോധം ഇത് വെളിപ്പെട്ടു തന്നെ തീരണം അതാണ് ശിഷ്യന്റെ നിലപാട് ഇതെന്ത എന്തൊക്കെ വൈവിധ്യമേ ഉണ്ടായിക്കൊള്ളട്ടെ ഇതിലെന്തെല്ലാം ദുർഗ്രഹത അതെല്ലാം വിരുന്നു കൊടുക്കട്ടെ പക്ഷെ ഇത് ബോധയിൽ ബോധിച്ച് തന്നെ തീരണം എന്നുള്ള ശിഷ്യന്റെ ആ നിലപാട് അതെന്താണ് തത്വനിഷ്ഠമായ ജിജ്ഞാസ ജിജ്ഞാസ വെറും വാശിയല്ല അജിജ്ഞാസ എന്ന തത്വബോധത്തിൽ ഉറച്ചതാണ് വെറുതെ ഉള്ളൊരു ജിജ്ഞാസല്ല വെറുതെയുള്ളൊരു ജിജ്ഞാസ എന്ന് പറയുന്നു ഒന്ന് കേൾക്കുന്നു നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു അതിനൊരു സമാധാനം കിട്ടുന്നു മനസ്സ് ശാന്തമാകുന്നു അവിടെ നിന്നും ഈ തത്വപ്രകാശം സംഭവിക്കുന്നു ഉള്ളിലെന്ന് സംഭവിക്കുന്നു ഹ്യമായി ബുദ്ധിക്കൊരു സമാധാനം വരുന്ന അത്രയുള്ളൂ ഇവിടെ അങ്ങനെയല്ല ശിഷ്യന്റെ ശരിയായെന്നല്ല ആചാര്യൻ മനസ്സിലാക്കി അതുകൊണ്ട് ആചാര്യ അതുകൊണ്ട് ആചാര്യൻ പറയുന്നു അന്യദേവത് അത് വിധിതാ അധോ അവിധിതം ഇതാണ് ആ ഉപദേശത്തിന്റെ പരവുമായ താല്പര്യം ആഗമം ആഗമിച്ചത് എന്ന് പറഞ്ഞാൽ പരമ്പരയിലൂടെ പരമാവധി വെളിപ്പെടുത്തിയതെന്നാണ് ഇത് കൂടുതൽ എന്ത് പറയാ ഇങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തലിലൂടെ ഈ പരമ്പരയിലൂടെയുള്ള വെളിപ്പെടുത്തലിലൂടെ അതെത്ര ദുർഗ്രഹമായി തോന്നിയാലും ശരി അതിലെന്തൊക്കെ വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നിയാലും ശരി ഈ വെളിപ്പെടുത്തലിലൂടെ ശിഷ്യനിൽ ഒന്ന് വെളിപ്പെടുന്നു ശിഷ്യനൊരു വെളിപാട് സംഭവിക്കുന്നു അത് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ പറയുന്ന ആഗമം അങ്ങനെ പരമ്പരയിലൂടെ പ്രാപ്തമായത് അതങ്ങനെ അന്യദേവത്തത് വിദിത അധോ അവിദിത അധികം വിദിത അവിദിതാഭ്യാം അന്യർക്കും ഇവിടെ മുമ്പ് വ്യഖ്യാനിച്ചതുപോലെ തന്നെ ഇവിടെ ഭക്ഷണക്കാരൻ വ്യാഖ്യാനിക്കുന്നത് താല്പര്യമെന്ന് തന്നെ ശൈലിക്ക് മാറ്റമുണ്ട് അന്യത്വം ഇവിടെ വിദിതമെന്നോ അവിദിതമെന്നോ പറയാവുന്നത് അറിയപ്പെട്ടത് അവിദിതം അറിയപ്പെടാത്തത് അങ്ങനെ അർത്ഥമുണ്ട് എന്താണത് അത് രണ്ടും സ്വസ്വരൂപത്തിൽ നന്യമായത് സ്വസ്വരൂപത്തിൽ അന്യമായതിനൂടെ പറയുന്നു വിദിതം അവിദിതം രണ്ട് പദങ്ങൾ കൊണ്ട് പറയുന്നു അത് തന്നെ മുമ്പ് പറഞ്ഞെന്താണ് ജാഗ്ര സ്വപ്ന സുശക്തി അതിന്റെ സ്വരൂപത്തിൽ നന്യമായത് വേറെന്തെങ്കിലും കാണിക്കാനുണ്ട് അതിലൂടെ നമുക്ക് അനുഭവപ്പെടുന്ന സർവ പ്രപഞ്ചത്തെയും നമുക്കതിൽ അന്തർഭവിപ്പിക്കാം ജാഗ്രസ്വപ്ന സുഷൃത്തികൾ അതാണ് വിദിത അവിദിതാഭ്യാം അന്യത്വം അതിൽ നന്യമായിരിക്കുന്നു ആരാ അതിൽ നന്യമായിരിക്കുന്നു ജാഗ്രതസ്വപ്ന സുഷൃത്തികളിൽ നിന്നും അന്യമായിരിക്കുന്ന ആരാ ആർക്കാണോ ഈ ജാഗ്രത സ്വപ്ന സുഷൃക്തികളുള്ളത് അവൻ സ്പഷ്ട ആരാണോ ജാഗ്രതയും സ്വപ്നത്തെയും സുഷൃക്തിയെയും അറിയുന്നത് അതിനെല്ലാത്തിനും ചേർത്തുകൂടെ പറഞ്ഞു വിദിതം അവിദിതം അതാരോഹിജ്ഞാത സൈവ സ രാണോ ഇതിനെല്ലാം അറിയുന്നത് ജ്ഞാതാവായിരിക്കുന്നത് ആരാണോ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്നത് ആരാണോ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത് അതിനെയാണ് അന്യദേവത ദ്വിരിത അവിദ്യത എന്ന് അപ്പം അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമെല്ലാം ഇതിൽ അന്തർഭവിച്ചു കഴിഞ്ഞു ജാഗ്രത സ്വപ്ന സുഷൃപ്തികൾ അതിനെ പ്രകാശിപ്പിക്കുന്നവനാണോ അതിന് സാക്ഷിയായിരിക്കുന്നവൻ എന്നിവിടെ ജ്ഞാതാവെന്ന് പറയുന്നത് സാക്ഷി എന്ന് പറയുന്നത് ആ ജാഗ്രസ്വപ്ന സുഷൃപ്തികളിലൊന്നും ഇടപെടാ വാദിയും പ്രതിയുമല്ലാതിരിക്കുന്ന ആളാണ് സാക്ഷി അതുപോലെ ജാഗ്ര സ്വപ്ന സുഹൃത്തി ഒന്നിനും ഉൾപ്പെടാത്തവൻ ഇതിൽ നിന്ന് വേർട്ടു നിൽക്കുന്നവൻ എന്നാൽ ഇതിനെയെല്ലാം നിലനിർത്തവൻ ഇതിനെയെല്ലാം നിലനിർത്തുന്നു ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നു ഇതിനെല്ലാം അറിയുന്നവൻ ജ്ഞാത സൈവ സതാണ് ഒന്നിൻ്റെ സ്വരൂപം എന്നാണ് സ്വപ്ന സുശക്തികളിൽ നിന്ന് ഒരിക്കലും വേർപെടാം ജാഗ്രത എന്താണ് സ്വപ്നം എന്താണ് സുശക്തി എന്താണെന്ന് ഒരിക്കലും വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ജ്ഞാതാവ് ഇതിനോടെല്ലാം താതാല്യപ്പെട്ടിരിക്കുകയാണ് ഉണർന്നിരിക്കുമ്പോൾ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നവന് ഇതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല അനുഭവത്തെയും അനുഭവ വിഷയത്തെയും വേർതിരിക്കാൻ വയ്യ ഇവിടെ അതിനെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് സുഖത്തെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നു ആ സുഖവും ആ സുഖത്തിന്റെ അത് ആണ് അധ്യാസം എന്ന് പറയുന്നത് താതാമ്യപ്പെട്ടിരിക്കുന്നത് അതിന് വേർതിരിച്ചാൽ മനസ്സിലാകും ആ സുഖത്തിലുള്ള അനുഭവം അത് സാക്ഷിയാണ് എന്തിന്റെ സുഖത്തിന്റെ ദുഃഖത്തിലുള്ള അനുഭവം ആ ദുഃഖത്തിന്റെ സാക്ഷിയാണ് അതിനാണ് ഇവിടെ ജ്ഞാതാവെന്ന് പറയുന്നത് സൈവ സ അതിനെ തന്നെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അതിനെ വേർതിരിക്കാൻ കഴിയില്ലെങ്കിലും അത് വേർതിരിക്കേണ്ടതാണെന്ന് ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആചാര്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോതാവിന്റെ ഉള്ളിൽ കയറിയാണ് സംസാരിക്കുന്നത് സാധാരണ പുറമേ നിന്നാണ് സംസാരിക്കുന്നത് അതങ്ങനെ നുണ്ണിൽ കയറി സംസാരിക്കുന്നത് ഇവിടെ ആവശ്യപ്പെടുന്നത് സ്വന്തം ഞാതൃഭാവത്തെ സാക്ഷിഭാവത്തെ ഗ്രഹിക്കാൻ ആവശ്യപ്പെടുകയാണ് ആ സാക്ഷിഭാവം എന്ന് പറയുന്നത് എന്താണോ ഒരാൾക്ക് സ്വന്തമായിട്ടുള്ളതല്ല സർവാത്മകത്വ അടുത്തു പറയുന്നു അത് തന്നിലും ശ്രോതാവിലും വക്താവിലും ഏകരൂപത്തിലിരിക്കുന്നതാണ് ഇന്നലെ സർവാത്മകമാകത്തുള്ളൂ ശ്രോതാവ് വക്താവ് എന്നുള്ള ഭേദത്തെ അത് ഇല്ലാതാക്കുന്നതാണ് അസാക്ഷിഭാവം ശ്രോതാവ് വക്താവിന്റെ ഏകത്വത്തിൽ ബാക്കിയുള്ളതെല്ലാം സാക്ഷ്യമാണ് സാക്ഷി ഭാഷ്യമായി എല്ലാം സാക്ഷിയുടെ ഭാഷ്യമായി അത് പ്രകാശിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള സർവാത്മഭാവത്തെയാണ് ഇവിടെ ഗുരു ശിഷ്യനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ വ സ അതുതന്നെയാണ് ആ ഭക്താവ് തന്നെയാണ് ശ്രോതാവ് അവിടെ ഭേദമില്ല രണ്ടിടത്തും ഏകരൂപത്തിലിരിക്കുന്നു സാക്ഷിരൂപത്തിലിരിക്കുന്നു സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് സർവാത്മകത്വം അധ സർവാത്മനോ ജ്ഞാതുവോ ജ്ഞാത്രാന്തരാഭാവാ വിധുത അവിതുത അന്യത്വം അന്യത്വം സർവാത്മന അവിടെ ജ്ഞാതാവ് സാക്ഷി സർവസ്വരൂപമായിരിക്കുന്നു സർവാത്മാവെന്ന് പറയുമ്പോൾ സർവസ്വരൂപമായിരിക്കുന്നു ഇപ്പൊ തന്റെ സുഖം തന്റെ ദുഃഖം അതിന്റെ സാക്ഷിയായിട്ടല്ല അതിന്റെ ജ്ഞാതാവായിട്ടല്ല അതിനെ ഗ്രഹിക്കുന്നവനായിട്ടല്ല അതിനെ പ്രകാശിപ്പിക്കുന്നവനായിട്ടല്ല സർവദുഃഖത്തെയും സർവുഃഖ സുഖത്തെയും പ്രകാശിപ്പിക്കുന്നവനായിട്ട് സർവാത്മാവായിരിക്കുന്നു അവിടെ ഞാൻ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നു നീ നിൻ്റേതായ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു അങ്ങനെയല്ല ഞാതുഹു ഞാത്രാന്തരാ ഭാവ അവിടെ ഞാതാവിന് മറ്റൊരു ഞാതാവി ഞാതാവിന് പകരമ്മയ്ക്കാൻ വേറൊരു ഞാതാവില്ല അനേക ജാതാക്കളില്ല ഏകനായിരിക്കുന്ന ഒരു സാക്ഷി മാത്രം സർവത്തെയും പ്രകാശിപ്പിക്കുന്നു സർവദൃശ്യങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ഏകദൃക് ഒരേ ഒരു ദൃക് അതിന് പിന്നെ മറ്റൊരു ദൃക്കിന്റെ ആവശ്യമുണ്ട് കണ്ണാടിയിൽ പ്രതിബിംബത്തിന് രണ്ടാമതൊരു കണ്ണാടിയുടെ ആവശ്യമില്ല ഒന്ന് പര്യാപ്തമാണ് അങ്ങനെ ഒന്നിനത് അപേക്ഷിക്കുന്നില്ല എന്നുള്ളത് ആവശ്യമുണ്ട് നാനാ ദൃശ്യങ്ങൾക്ക് ഒരു ദൃക്കുമതി നാനാ പ്രതിബിംബങ്ങൾക്ക് ഒരു കണ്ണാടിയുടെ ആവശ്യമേ ഉള്ളൂ ബിംബങ്ങളുടെ എണ്ണമനുസരിച്ച് കണ്ണാടിയുടെ എണ്ണം മാറ്റേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു സർവത്തെയും പ്രതിഫലിപ്പിക്കുന്നതിനുള്ള സാമർഥ്യം ആ ഒന്നിലിരിപ്പുണ്ട് ഒരു കണ്ണാടിയിൽ തന്നെയുണ്ട് അതുപോലെ സർവാത്മാവായിരിക്കുന്ന ഈ ദ്രക്കിന് സർവത്തെയും പ്രതിബിംബിക്കുന്നതിനുള്ള ആ സാമർഥ്യമാണ് അവരുടെ ശിഷ്യൻ ഇത് ശ്രവിച്ചിട്ട് ഇത് ഗുരുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഗുരുവിന്റെ അനുഭൂതിയെ പ്രകടമാക്കുകയാണ് അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ് ധരിക്കാൻ പാടില്ല മറുഷൻ ശിഷ്യൻ സ്വയം ഈ പറയുന്നത് എന്റെ ഒരു അനുഭവമാണ് അങ്ങനെ ധരിക്കാനും പാടില്ല ആത്മാ അനുഭവം എന്ന് പറയുന്നത് അത് ആരുടെയും സ്വാർത്ഥതയല്ല നമ്മൾ കരുതും അത് ഗുരുവിന്റെ ഒരു സ്വാർത്ഥതയാണ് ഗുരുവിൻ്റെ പ്രത്യേകമായ എന്തോരവകാശമാണത് അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ശിഷ്യനും കരുതുന്നത് എൻ്റെ ഒരു അവകാശമാണ് എൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ ഞാൻ ജ്ഞാനി മറ്റുള്ളവൻ അജ്ഞാനി അല്ലെങ്കിൽ ഗുരുജ്ഞാനി ഞാൻ അജ്ഞാനി ഇങ്ങനെ ധരിക്കും ഇതെല്ലാം ദ്വൈതബോധമാണ് ഇവിടെ ഗ്രഹിക്കേണ്ട അതെല്ലാം സർവാത്മഭാവമാണ് അവിടെ അത്തരത്തിലുള്ള ഒരു ഭേദമില്ല അവിടെ ജ്ഞാനം എന്ന് പറയുന്ന ആരുടെയും സ്വന്തമോ സ്വാർത്ഥമായൊരു കാര്യമാണല്ല സർവാത്മാവായി സർവസാക്ഷിയായിരിക്കുന്നതിന് പിന്നെ ഇവിടെ അസ്വാർത്ഥത വരുന്നു തൻ്റേതായ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ മറ്റൊരു ജ്ഞാതാവില്ല എന്നർത്ഥം ഗുരു എന്നുള്ള രൂപത്തിലോ ശിഷ്യൻ എന്നുള്ള രൂപത്തിലോ ജ്ഞാനി എന്നുള്ള രൂപത്തിലും ഒരു ജ്ഞാതാവില്ല അതൊക്കെ ജ്ഞാനം ഒരു സ്വാർത്ഥതയാണെന്ന് സംഘടിപ്പിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് നമ്മൾ പറയുന്നത് രണ്ട് ജ്ഞാനികളുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഒരു ജ്ഞാനി മറ്റൊരു ജ്ഞാനിയെ കണ്ടാൽ തിരിച്ചറിയും എന്ന് പറയും അങ്ങനെ സംഭവിക്കാൻ അവസരമില്ല എന്നുകൊണ്ട് ജ്ഞാനെ സംബന്ധിച്ചിടത്തോളം സർവാത്മഭാവമാണ് അപ്പം പിന്നെ രണ്ട് ജ്ഞാനികൾ അങ്ങനെ വരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വേറൊരു ജ്ഞാനും ഈ അറിവും തിരിച്ചറിവുമൊക്കെ ഇവിടെ ആജ്ഞേറെ തലത്തിലാണ് അവന് തിരിച്ചറിയേണ്ട മനുഷ്യർ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെയുണ്ട് ഇവിടെ തത്വബോധത്തിൽ മറ്റൊരു തിരിച്ചറിവുകളുമില്ല സർവാത്മഭാവത്തിൽ ഇവിടെ രസം കണക്കിന് ജ്ഞാനികളൊന്നുമില്ല ഉള്ള ഒരാൾക്ക് പോയി വേറെ ആളെ തിരിച്ചറിയേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിദ്യകളുണ്ടെങ്കിൽ മറ്റു വിദ്വാൻമാരെ തിരിച്ചറിയാൻ പറ്റും നമ്മളെപ്പോലെ വിദ്യകൾ കൈവശം ഇവിടെ അങ്ങനെ ഒന്നില്ല എന്തുകൊണ്ട് ഞാതഹു ഞാത്തര അഭാവാ അവിടെ ജ്ഞാനം സ്വാർത്ഥതയല്ല ആരുടെ എങ്ങനും സ്വാർത്ഥതയെന്നോ പുത്തകയെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ആ സർവാത്മഭാവത്തെ ഇങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും എന്താണ് വിദിതവും അവിദിതവുമായി ഉള്ളതിൽ നിന്നല്ല അന്യം അതാണ് അഭാവാം സവേത്തിവേദ്യം നജത്തേത്ത വിധിജമന്ത്രവർണ നിങ്ങളെന്താണ് ഞാനിയെ അറിയുന്നത് തിരിച്ചറിയും ഞാനിയെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അറിയുന്നു ശരി ഞാൻ ഞാനിയെ തിരിച്ചറിയത്തില്ല എന്റെ ഗുരു ഞാനിയാണ് വേറൊരു ഞാനി കണ്ട തിരിച്ചറിയും എന്ന് പറയും അത് സംഭവിക്കില്ല എന്ന പറയുന്നതുണ്ട് സവേത്തി വേദ്യം അസ്ഥിവേത്ത അവൻ സർവത്തെയും സർവവേദ്യവും സർവഭാസ്യവും അവനെ സംബന്ധിച്ച് ഭാനമാണ് അതുകൊണ്ട് തന്നെ തസ്യഅസ് അവനെ കാണുന്നവൻ വേറെയില്ല അന്യമായിട്ടൊന്നും വേണ്ടേ എൻ്റെ അതെങ്ങനെയാണ് കാണുന്നത് ഞാനീ കാണുന്ന ശിഷ്യനില്ല എന്തുകൊണ്ട് അവൻ സർവത്തെയും അറിയുന്നു സവേത്തിവേദ്യം സർവം എന്ന് വെച്ചാൽ സർവവും അവനു ഭാസ്യമായിരിക്കുന്നു അവൻ സർവസാക്ഷിയായിരിക്കുന്നു അവൻ സർവദൃക്കായിരിക്കുന്നു അവൻ സർവാന്തരനായിരിക്കുന്നു അവൻ തസ്യവേത്ത എന്നുവെച്ചാൽ അവനെ അറിയുന്ന പിന്നെ ആരാളുള്ളത് അവനറിയാൻ മറ്റൊരാളുണ്ടോ സർവാന്തരനായിരിക്കുന്നു ഒരുവനെങ്ങനെ അറി മറ്റൊരാൾക്കറിയാൻ പറ്റും രണ്ടാമതൊന്നും അവിടെ ഇല്ലല്ലോ അല്ല എന്നാലും ഞാൻ അറിയുന്നുണ്ട് ജ്ഞാനി എന്ന് പറഞ്ഞാൽ അതാണ് ഭ്രമണം അറിവ് ശരിയായ അറിവല്ല അങ്ങനെ ശരിയല്ലാത്ത ഒരുപാട് അറിവുകൾ നമുക്കുണ്ട് അത് ജ്ഞാനിയെ സംബന്ധിച്ച് മാത്രമല്ല ജ്ഞാനിയെ സംബന്ധിച്ചും ജ്ഞാനത്തെ സംബന്ധിച്ചും അജ്ഞാനത്തെ സംബന്ധിച്ചും നമുക്കൊരുപാട് അബദ്ധ അറിവുകളുണ്ട് അതിവിടെ പറഞ്ഞിട്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല ഇവിടെ പറയുന്ന എന്താണ് സവേത്തി വേദ്യം സർവന് ഭാസ്യമായിരിക്കുന്നു അവന്റെ മുകളിൽ അല്ലെങ്കിൽ അവന്റെ താഴെ അവനെ അറിയുന്നവൻ അങ്ങനെയൊന്നുമില്ല ഞാനിയുമില്ല അജ്ഞാനിയുമില്ല പിന്നിലൊരാത്മാവില്ല അതിൻ്റെ പിന്നിലെ ഒരു പരമാത്മാവില്ല അങ്ങനെയൊന്നുമില്ല തുടക്കവും കൊടുക്കുകയും അത് വിരുദവും അവിദ്യവുമായിട്ടുള്ള സർവത്തിൽ നിന്ന് അന്യമാണ് അവന് സ്വാർത്ഥമായി സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഞാനൊന്നുമില്ല അങ്ങനെ ഒന്നില്ല സൂര്യൻ പ്രകാശത്തെ കൈവശം വെച്ചിട്ടില്ല എന്തുകൊണ്ട് അസ്വയം പ്രകാശ സ്വരൂപമാണ് അതുകൊണ്ട് തനിക്ക് കുറച്ച് പ്രകാശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിൽ പ്രകാശം വെച്ചിട്ടില്ല അതിന്റെ പ്രകാശം ചെറുപ്പവ്യാപകമാണ് അത് തന്നെയാണ് ഭൂമിയിലും ചന്ദ്രനും എല്ലാം പ്രകാശിക്കുന്നത് പിന്നെ അതിനെന്തിനു സ്വന്തമായൊരു പ്രകാശം വയ്ക്കുന്നു ജ്ഞാനിക്ക് തന്റേതായൊരു ജ്ഞാനം കൈവശം വഹിക്കുക അതൊക്കെ അഞ്ചന്റെ മിഥ്യാധാരണകളാണ് ഇതിജമന്ത്രവർണ്ണ ഇക്കാര്യങ്ങളെല്ലാം ശ്രുതി പറയുന്നു വിജ്ഞാനതാരം അരേഖന വിജാനീയ സർവവിജ്ഞാതാവായിരിക്കുന്നവന് സർവസാക്ഷിയായിരിക്കുന്നവന് കേനു വിധാനിയ അവനെ പിന്നെ അറിയുന്നതാർ അവിടെ പറയും നീ അറിയുന്ന അല്പം ക്ഷുദ്രം മർത്യം അതിനാണ് നീ അറിയുന്നത് അങ്ങനെ നിനക്കറിയാൻ ഒരുപാടുണ്ട് പ്രപഞ്ചം സർവവും നീ അറിയുന്നുണ്ട് പക്ഷെ സർവവിജ്ഞാതാവിനെ സർവവിജ്ഞാതമായിരിക്കുന്നു ആത്മസ്വരൂപത്തെ ആത്മസ്വരൂപമായി തന്നെ ഇരിക്കുന്ന ആ വിജ്ഞാനിയെ യേശ സർവജ്ഞ നമ്മൾ പാണ്ഡിപിക്കും ചർച്ചയാണ് ആ സർവജ്ഞനായിരിക്കുന്നവനെ കേനു വിജ്ഞാനിയ വേറെ ആർക്കറിയാൻ പറ്റും സർവവും അവന്റെ ഭാസ്യമായിരിക്കേ സർവന്റെ ഭാനത്തിനും പ്രകാശിക്കുക പിന്നെ ആർക്കറിയാൻ പറ്റും വാചസനേതും സൃഷ്ടത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പറയുന്ന അവൻ അവിടെ സർവസാക്ഷിയായി സർവ്വദൃക്കായിരിക്കുന്നു അതവിടെ കൂടുതൽ സ്പഷ്ടമായോണ്ട് പറഞ്ഞിട്ട് അവൻ അവിടെ മാത്രമല്ല സ്വപ്നത്തിനും ജാഗ്രതത്തിനുമെല്ലാം അവൻ സർവാന്തരനായി സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവനെ പ്രകാശിപ്പിക്കാനും മറ്റൊന്നുമില്ല അപ്പിച്ച് വ്യക്തമേവ വിദിതം തസ്മാന്യത് ഇഭിപ്രായ മാത്രവുമല്ല വിദിതം വ്യക്തമാണ് വിദ്യം എന്ന് പറയുന്നത് വ്യക്തമാണ് നമുക്ക് വിദ്യുതമെന്ന ഏതിനെ കുറിച്ച് പറയാൻ പറ്റുമോ ജാഗ്രത സ്വപ്നങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് വിദ്യുതമെന്ന് പറയാൻ പറ്റൂ ജാഗ്രത ഒരുപാട് അറിയുന്നു ധാരാളം അറിവ് നമ്മൾ ആർജിക്കുന്നുണ്ട് ആത്മീയമായും ഭൗതികമായും ഇത് സർവവും വിദ്യുതമാണ് വ്യക്തവുമാണ് വ്യക്തമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറിവിന് വിഷയമാകുന്നു അറിവിന് വിഷയമാകുന്നത് രണ്ടു തരത്തിലുള്ള ഒന്ന് ജ്ഞാതമായി അല്ലെങ്കിൽ അജ്ഞാതമായി രണ്ടു തരത്തിൽ അജ്ഞാതമായും നമുക്ക് നമ്മുടെ മുമ്പിൽ വിഷയങ്ങളുണ്ട് ഒരേ സമയം ജ്ഞാതമായും അജ്ഞാതമായും ഇരിക്കുന്നു പരമാണുവിനെ കുറിച്ച് പറഞ്ഞാൽ അതെനിക്ക് ജ്ഞാതമാണെന്ന് പറയാൻ കാരണം ഞാൻ കേട്ടു പരമാണോ അതിന്റെ സ്വരൂപം ഇന്നതാണോ അതേസമയം അത് എനിക്ക് പ്രത്യക്ഷമാകുന്നതിനൊണ്ട് അത് അജ്ഞാതമായി ഇരിക്കുന്നു അപ്പൊ ജ്ഞാതമായും അജ്ഞാതമായും അറിഞ്ഞും അറിയാതെയും നോക്കി വിചിതമായിരിക്കുന്നു പറഞ്ഞു അറിവില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞാണോ അറിയുന്നില്ല അറിവില്ല അറിയുന്നില്ലായ്മ എന്നൊക്കെ പറയുന്നത് അറിവ് പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് അതിനെയാണ് നമ്മൾ അജ്ഞാതം എന്ന് പറയുന്നത് അത് എല്ലാം വ്യക്തത്തിൽപ്പെടുന്നതാണ് ദവ്യക്തം എന്ന് പറയുന്നു പറഞ്ഞു ദവ്യാവതം അറിവിലും അറിയാത്തതിനും അപ്പുറന്നിക്കുന്നതാണ് അതിനും സർവസാക്ഷി അപ്പം നമ്മൾ ഇപ്പം അറിയുന്നതും അറിയാത്തതും സർവത്തെയും നമുക്ക് വ്യക്തമെന്ന് പറയാം അറിയുന്നത് മാത്രമാണ് അറിയില്ല എന്നറിയുന്നതും ഞാൻ അജ്ഞനാണെന്നേതിനെ കുറിച്ച് പറയുന്നു അതും ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഏതിനാണോ നമ്മൾ സ്മരിക്കുന്ന അതും എല്ലാം വ്യക്തമാണ് എന്തുകൊണ്ട് ആ അറിവും അറിവില്ല എന്നെയും ഒരേ സാക്ഷിയിൽ പ്രകാശിക്കുന്നു രണ്ടും ഒരു സാക്ഷിക്ക് മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ ആ രണ്ടിനും അപ്പുറം വ്യക്തമേവ വിദുരം തസ്മാന്യ അതിനന്യമായിരിക്കുന്നത് അതിൽ നിന്നുള്ള അന്യത്വം അതെവിടേക്കാണ് പോകുന്നത് ബാഹ്യമായ രണ്ട് വസ്തുക്കൾ നമ്മുടെ മുമ്പിലിരിക്കുന്നു മേസിയും പുസ്തകവും മേസിയിൽ നിന്ന് അന്യമാണ് പുസ്തകം പുസ്തകത്തിൽ നിന്ന് അന്യമാണ് മേസ് അത് രണ്ടും തമ്മിലുള്ള ആ പൃഥക്ഭാവ് വേർതിരിവ് അത് വ്യക്തമാണ് അങ്ങനെ ഈ നമ്മുടെ ചുറ്റുപാടിനുള്ള സർവത്തിനുള്ള വേർതിരിവ് വ്യക്തമാണ് അതിനിടെ രണ്ടാക്കി ചുരുക്കിയാണ് ഒന്നറിവ് മറ്റൊന്നറിവില്ലായ്മ അതിനുമുള്ള പൃഥക്ഭാവം വ്യക്തമാണ് ഇന്നിന്നതിനെ കുറിച്ചൊക്കെയുള്ള അറിവ് ഇന്ന ഇന്ന വിഷയങ്ങളെ കുറിച്ചുള്ള അറിവില്ലായിരുന്നു ഇനി അറിയേണ്ടതെല്ലാം നമ്മൾ അറിവില്ലായ്മപ്പെടുത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ അറിയുമായിരുന്നു ഒരുപാട് ഉപനിഷത്തുകൾ നമ്മൾ അറിഞ്ഞെന്ന് വരും അതെല്ലാം ഇപ്പോൾ അറിവില്ലായ്മപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ അറിവും അറിവില്ലായ്മയും തമ്മിലുള്ള പൃഥക് വ്യക്തമാണ് അതുപോലെ ഇതിന്റെ രണ്ടിനെ ഒരുമിപ്പിക്കുകയാണ് ഇവിടെ വിദിതം അവിദിതം അതിൽ വിദിതമായത് രണ്ടും അതിനെ ഒരുമിപ്പിച്ചു അറിവും അറിവില്ലായ്മയും നിന്ന് പ്രത ഭാവം അതും അതുപോലെ വ്യക്തമാണ് അതെന്താണ് ഈ അറിവിനെയും അറിവില്ലായ്മയും പ്രകാശിപ്പിക്കുന്നു സർവസാക്ഷി ഞാൻ അറിയുമെന്നോ അറിയാൻ പാടില്ലെന്നോ എന്ന് പറയാൻ വയ്യ അവ്യാകൃതത്തെയും പ്രകാശിപ്പിക്കുന്നു ആ ഒരു അവസ്ഥ നമ്മൾ പറയാറുണ്ടല്ലോ ഒന്നും വെണ്ടാൻ വയ്യ ഒന്നും ചിന്തിക്കാൻ വയ്യ ഒന്നും സങ്കല്പിക്കാൻ വയ്യ അവ്യാകൃതമായ അവസ്ഥ അതിൽ നിന്നുള്ള ആ പൃഥക്ഭാവം പേടതിരും അതെവിടേക്ക് അത് ബാഹ്യമായിട്ടല്ല ന്യമായിട്ടല്ല അത് തന്നിലേക്ക് തന്നെ വരും സ്വസ്വരൂപത്തിലേക്ക് വരും അപ്പോൾ ഇതിന്റെ ഉദ്ദേശം അതാണ് സ്വസ്വരൂപത്തിലേക്ക് തന്നെ ഒരുവൻ അന്തർമുഖമാക്കുക ഈ വിജുതത്തിൽ നിന്നും അന്യമാകുമ്പോൾ അത് തന്നിലേക്ക് വരും അവിദുതത്തിൽ നിന്നും അന്യമാക്കിയാൽ തന്നിലേക്ക് വരും ജാഗ്രത സ്വപ്ന സുഷുക്തികളിൽ നിന്നും അന്യമാക്കിയാൽ അത് തന്നിലേക്ക് വരും അങ്ങനെ അന്തർമുഖമായി തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കുന്നതിനു വേണ്ടി അതിനു വേണ്ടി പറയുകയാണ് തസ്മാന്യത് അതിൽ നിന്നും അന്യമായിരിക്കുന്ന സ്വസ്വരൂപം അത് വിശദീകരിക്കുന്നു യത് വിദിതം വ്യക്തം തത് അന്യ വിഷയത്വത് അല്പം വിരോധം തത് അനിത്യം അതേവ അനേകത്വ അശുദ്ധം അതേവ തദ്വിലണം ബ്രഹ്മേരി വിദത്വത്തെക്കുറിച്ച് പറയുന്ന എളുപ്പമാണ് അതുകൊണ്ട് അത് പറയും ആ വിദഗ്ധത്തെ കുറിച്ച് പറയാൻ എളുപ്പമല്ല കാരണം എന്തുകൊണ്ട് അതറിയുന്നതുമല്ല അറിയപ്പെടാത്തതുമല്ല ഉറക്കത്തെ കുറിച്ച് വിശദീകരിക്കാൻ എളുപ്പമില്ലെന്നല്ലോ അസാധ്യമാണ് അറിയുന്നു എന്നോ അറിയുന്നില്ലെന്നോ പറയാൻ മതിയോ ഒരു കരുണങ്ങളും അവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എല്ലാം ഉറങ്ങിയിരിക്കുന്നു എന്ത് പറയാൻ പറ്റും അറിയുന്നു എന്ന് പറയാൻ പറ്റും അറിയില്ല എന്ന് പറയാൻ പറ്റും രണ്ടും മഞ്ഞ് പക്ഷെ ബിജിതം അങ്ങനെയല്ല അത് വ്യക്തമാണ് എങ്ങനെയത് വ്യക്തമായിരിക്കുന്നു ഒന്നുകിൽ അറിയുന്നതായിട്ട് അല്ലെങ്കിൽ അറിയപ്പെടാത്തതായിട്ട് വ്യക്തമായിരിക്കുന്നു ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ ഇനി വെളിപ്പെടാനുണ്ട് അതിനെ കുറിച്ച് ഒന്ന് സ്പഷ്ടമാണ് ഇനിയും അറിയേണ്ടതായി പലതും അതെന്താണ് വ്യക്തമായിരിക്കുന്നത് അറിയപ്പെടേണ്ടതാ എന്ന് വെച്ചാൽ തൽക്കാലം അത് അറിവില്ലായ്മയായി വ്യക്തമാണ് അറിവിൻ്റെ കാര്യം കൊണ്ട് അത് വ്യക്തമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അതാണ് ഈ വ്യക്തം അതെല്ലാം വിദിതമായി അതെല്ലാം വ്യക്തവുമാണ് അറിവായിട്ടോ അറിവില്ലായ്മയായിട്ടോ വ്യക്തം എന്തുകൊണ്ട് തത് അന്യവിഷയത്വമാണ് ഈ ചർച്ച ചെയ്യുന്ന മുഴുവൻ സ്വസ്വരൂപത്തിൽ നിന്ന് ഭ്രംസിച്ചിട്ടാണ് സ്വസ്വരൂപത്തിൽ നിന്നും വേറിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അന്യമാണ് എന്തെന്ന് അന്യം തന്നയമാണ് തന്നിൽ നിന്ന് അന്യമായ അറിവിനെ കുറിച്ചും അറിവില്ലായ്മയെ കുറിച്ചും തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന കരണങ്ങൾ ഉപയോഗിച്ച് മനസ്സുപയോഗിച്ച് ചർച്ച ചെയ്യും ഇതെല്ലാം അന്യമാണ് ബോധ്യപ്പെടുന്നത് അതന്യ വിഷയത്വാർ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് അല്പമാണ് തുണോ തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നതെല്ലാം തുച്ഛമാണ് എങ്ങനെ അതെങ്ങനെ തുച്ഛമായി പ്രപഞ്ചം വളരെ ബൃഹത്തല്ലേ എന്ന് ചോദിച്ചാൽ ഇത് തുച്ഛമാണെന്ത് തന്നെ അപേക്ഷിച്ച് തുച്ഛമാണ് തന്റെ നിലനിൽപ്പ് തന്റെ വാസ്തവത്തിലുള്ള നിലനിൽപ്പ് ഇതിന്റെ നിലനിൽപ്പിനെ ഭഞ്ജിക്കുന്നു അതെങ്ങനെ തുച്ഛമായി പോകുന്നു സ്വപ്നത്തിലേക്ക് അവിടെ ഇതല്ല തുച്ഛമായ അവിടെ എത്രയും വിപുലമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പ്രപഞ്ചം അവിടെ ഒന്നും അല്ലാത്തതായിത്തീരുന്നു അതാണ് പറഞ്ഞത് അല്പമാണോ സുഹൃത്തേല് പോയാലോ അവിടെയും അങ്ങനെയാണ് അവിടെ തുച്ഛമായിത്തീരുന്നു അല്പമായി തീരുന്നു സ്വവിരോധം വിരോധത്തോടു കൂടിയതാണ് വിരോധം എന്ന് പറയുന്നത് എന്താണ് പ്രകാശവും ഇരട്ടും വിരോധമുള്ളതാണ് വിരോധത്തിന്റെ ഫലം എന്താണോ നാശം മനുഷ്യരിലോ അങ്ങനെയാണല്ലോ വിരോധം ഒന്നാ നശിക്കും ഒന്ന് നശിക്കും ഒന്നവശേഷി ഇവിടെ അതുപോലെ ഇത് സവിരോധത്തോടുകൂടിയതാണെന്ന് വെച്ചാൽ ഇതിന് വിരോധമായിട്ടൊന്നും എന്താണോ ഇതിനെ നിലനിർത്തുന്നത് അത് ഇതിനെ ബാധിക്കുകയും അതുതന്നെ ഇതിനെ ഇല്ല എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വ്യക്തത്തെ എന്താണ് നിലനിർത്തുന്നത് വിശ്വസ്വരൂപം തന്നെ ഇതിന്റെ പ്രകാശത്തിലല്ലേ ഇതിന് നിലനിർത്തുന്നു ഇതിന്റെ പ്രകാശമല്ലാതെ ഇതിന്റെ സത്യമല്ലാതെ ഇതിന്റെ ഉണ്മയല്ലാതെ ഇതിന്റെ അസ്തിത്വത്തിന് വേറൊന്നുമില്ല തന്നെ ആശ്രയിച്ചു തന്നെ ഇത് നിലനിർത്തുകയും അതിന് സ്വന്തമായ ഇതുതന്നെ അതിന് വിരോധമായിരിക്കുകയും ചെയ്യുന്നു അതിനെ അത് തമ്മിലുള്ള വിരോധം പറയാൻ സവിരോധം തതു അനിത്യം അതുകൊണ്ട് ഇത് അനിത്യമാണ് അനിത്യമാണ് അറിവ് നശിക്കുന്നു അറിവില്ലായ്മ നശിക്കുന്നു വ്യാവഹാരികമായും നമുക്ക് അതാണ് കൂട്ടുന്നത് ഏതെങ്കിലും ഒരു അറിവ് സ്ഥായിരിക്കുന്നു അറിവ് മാർക്കൊണ്ടിരിക്കുന്നു ക്ഷണപരിണാമിയാണ് ഈ നിമിഷത്തിൽ അറിവില്ല അടുത്ത നിമിഷമുള്ളത് ഈ നിമിഷത്തിൽ അറിവില്ലായ്മ അടുത്ത നിമിഷമില്ല രണ്ടും ഒരുപോലെ അനിത്യമോ അത് വ്യവഹാരത്തിൽ എങ്ങനെയാണോ അനിത്യമായിരിക്കുന്നത് പോലെ പരമാർത്ഥത്ത് ഇതെല്ലാം വിട്ടുപോകുമ്പോൾ സ്വപ്നത്തിലേക്കോ സുഷ്ട്തിയിലേക്കോ ആണ് ഇത് വിട്ടുപോകുന്നത് അവിടെ ഇതെല്ലാം അനിത്യമായി തീരുന്നു ഇതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് നമുക്കവിടെ ചർച്ച ചെയ്യാൻ സാധ്യമല്ല അവിടെ ആകെ നമുക്ക് പിന്നെ ബോധ്യപ്പെടുന്ന എന്താണിത് കേവലൊരു ഭാനം മാത്രം കേവലൊരു പ്രതീതി മാത്രം അതുകൊണ്ട് ഇത് അനിത്യമാണ് അനേകത്വ അശുദ്ധം ഏകം ശുദ്ധം അനേകം അശുദ്ധം ഇവിടെ ശുദ്ധം എന്ന് പറയുന്നത് എന്താണോ പ്രകാശസ്വരൂപം കേവല ജ്ഞാനസ്വരൂപം അതാണ് ശുദ്ധം ഇത് അശുദ്ധമാണെന്താണോ ഇവിടെ രണ്ടുമുണ്ട് ജ്ഞാനം അജ്ഞാനത്തോട് ചേർന്നിരിക്കുന്നു അജ്ഞാനം ജ്ഞാനത്തോട് ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ സൂര്യൻ കേവലം പ്രകാശസ്വരൂപനായിരിക്കുന്നു ഇവിടെയാണെങ്കിലും അത് നെഴിലും വെളിച്ചവുമായിരിക്കുന്നു ഇവിടെ നമുക്ക് നെഴില് കൂടാതെ വെളിച്ചം കിട്ടത്തില്ല ഉപാധികളുണ്ട് കൂടാതെ നമുക്ക് നെഴിലും കിട്ടത്തില്ല ഇത് അശുദ്ധമാണ് വെളിച്ചത്തോട് ഇരുൾ കഴിഞ്ഞാൽ അത് ഇരുനോട് വെളിച്ചം കലർന്നാലും അത് അശുദ്ധമായി ഇതനേകമാണ് അതുകൊണ്ട് അശുദ്ധമായിരിക്കുന്നു ആ നാനാത്വം അങ്ങനെ അറിവായും അറിവില്ലായ്മയായും അതാണല്ലോ നേരത്തെ വിചിതമെന്ന് പറഞ്ഞു ഇത് അശുദ്ധമായിരിക്കുന്നു ഇത് നേരെ വിലക്ഷണമായിരിക്കുന്നു വ്യത്യസ്തമായ സ്വരൂപത്തോടു കൂടിയിരിക്കുന്നു അതാണ് പറയുന്നത് അതൈവതദ്വിലണം വ്യത്യസ്തമായ സ്വരൂപത്തോടു കൂടിയിരിക്കുന്നു കേവലം പ്രകാശസ്വരൂപത്തിലിരിക്കുന്നു അതുകൊണ്ടാണ് അതിന് നിഷിദ്ധമെന്ന് പറയുന്നത് വിരളും വെളിച്ചവും കല്ലറുന്നവന്നവിടെയില്ല കേവലം പ്രകാശരൂപത്തിലിരിക്കുന്നു സർവസാക്ഷിയായിരിക്കുന്നു ആ സർവസാക്ഷിയുടെ ഭാനങ്ങളായി ഈ വ്യക്തം സർവം നിലനിൽക്കുന്നു ബ്രഹ്മേ അത് ഇവിടെ ആചാര്യൻ ശിഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നിന്റെ വ്യക്താനുഭവം ആ വ്യക്താനുഭവത്തിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന ആ അനുഭവം അനുഭവ സ്വരൂപം അതുതന്നെയാണ് വിളഭം അതിനാണ് നീ അന്വേഷിക്കുന്നത് അതാണ് പരമാർത്ഥം എന്ന് ബോധ്യപ്പെടുത്തപ്പെടുകയാണ് അധോ അവിധി ദുശ്രുമപൂർവേഷം വ്യാജക്ഷിരേ